ം ഇരുപത്തിയേഴ് മോശ ഇസ്രയേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പിയും നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കേണം നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിനക്ക് വാക്തത്വം ചെയ്തതുപോലെ നിന്റെ ദൈവമായ ഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനുമൊഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്നശേഷം നീ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളെല്ലാം അവയിലെഴുതണം യാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് അജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏപാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം അവിടെ നിന്റെ ദൈവമായ ഹോവയ്ക്ക് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയേണം അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത് ചെത്താത്ത കല്ലുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയേണം അതിന്മേൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കണം സമാധാനയാഗങ്ങളും അർപ്പിച്ച് അവിടെ വെച്ച് തിന്നുകയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നദ്ധിയിൽ സന്തോഷിക്കുകയും വേണം ആ കല്ലുകളിൽ ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെയും നല്ല തെളിവായി എഴുത്തണം മോശിയും ലേവ്യരായ പുരോഹിതന്മാരും എല്ലാ ഇസ്രയേലിനോടും ഇസ്രയേലെ മിണ്ടാതിരുന്ന് കേൾക്കാം ഇന്നും നീ നിന്റെ ദൈവമായ ഹോവിയുടെ ജനമായി തീർന്നിരിക്കുന്നു ആകയാൽ നിന്റെ ദൈവമായ ഹോവിയുടെ വാക്കനുസരിച്ച് ഞാൻ ഇന്ന് നിന്നോട് അജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണം എന്ന് പറഞ്ഞു അന്ന് മോശ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ഷിമയോ ലേവി യഹൂദ ഇസഖാർ യോസെഫ് ബെന്യാമിയൻ ഷബിപ്പാൻ ഏപാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ രൂപൻ ഗാദ് ആഷിർ സെബുലൂൻ ദാൻ നഫ്താലി അപ്പോൾ ലേവ്യർ എല്ലാ ഇസ്രായേലിയരോടും ഉറക്കെ വിളിച്ചു ശിൽപിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്നുത്തരം പറയണം അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്നു പറയണം കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്നു പറയണം കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്നു പറയണം പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവനും ജനമെല്ലാം ആമേൻ എന്നു പറയണം അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പന്റെ വസ്ത്രം നീക്കിയതുകൊണ്ട് ശപിക്കപ്പെട്ടവനും ജനമെല്ലാം ആമേൻ എന്നു പറയണം വല്ല മൃഗത്തോടു കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും ജനമെല്ലാം ആ മേൻ എന്നു പറയണം അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും ജനമെല്ലാം ആ മേൻ എന്നു പറയണം അമ്മാവിയമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനും ജനമെല്ലാം ആ മേൻ പറയണം കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആ എന്ന് പറയണം കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആ എന്ന് പറയണം ഈ ന്യായ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആ എന്ന് പറയണം